ഞാൻ yes. ഭാഷമാണ് പിന്ന ഇതം സഗ്രഹേഷൻ കഥ വിശേഷണം ഇനി അപ്പം നാമരോഗ വിശേഷണവേഗുപത്തിസ്ഗ്രമാത്രമ്യമേദി സഗ്രസീവ ദേവശബ്ദം പ്രവിക്കുന്ന അവധാരണം നിശ്ചയത്തെ കാണിക്കാൻ വേണ്ടിട്ടാണ് സത്ത് തന്നെ ആയിരുന്നു എന്തിനുപയോഗിച്ചു പറയുന്നത് പ്രകുത്പത്തിന്റെ അർത്ഥമാണ് ഉത്പത്തിക്ക് മുമ്പ് കേവലം കേവല ശബ്ദബുദ്ധി മാത്രം ഗമ്യമേവ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ സത് എന്ന് മാത്രമേ പറയാൻ കഴിയൂ മാത്ര ഗമ്യം അത്രേ പറയാൻ കഴിയുക സത്തായിരുന്നു മറ്റൊന്നൂടെ അതിനെ കുറിച്ച് പരാമർശിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളൊന്നും മറ്റൊരു നാമവും രൂപവും പറയാൻ വയ്യ അതുകൊണ്ട് സദൈവം അക സത് തന്നെയായിരുന്നു മഹിപ്രാവിത്പത്തി ഒരു നാമരൂപ ഇതമിത ഗ്രഹീതം സഖ്യം അവത്പത്തിക്ക് മുമ്പ് നാമരൂപത്തോടുകൂടിയോ അനു മറിച്ച് ഇതം എന്നോ ഗ്രഹിക്കാൻ കഴിയില്ല ഇത് അങ്ങനെ ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല സുഷുപ്തകാലിഷ്ടവസ്ഥയെപ്പോൾ സുഷുത്യാവസ്ഥയിൽ നമ്മൾ പലതവണ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് സുഷക്തി വ്യവസ്ഥയിൽ ഇതം എന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഇത് നാമരൂപങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല പിന്നെ അതിനെ കുറിച്ച് ഉണർന്നതിന് ശേഷം ചിന്തിക്കാൻ കഴിയുന്ന എന്താണോ സദേവത്ത് മാത്രം സ്വത്ത് എന്ന് അസ്തിത്വം കേവല അസ്തിത്വം മാത്രം ആരുടെ സുഷുപ്തനായവന്റെ അസ്തിത്വം അതുമാത്രം നിഷേധിക്കാൻ പറ്റുന്നില്ല ഉറക്കത്തിലായിരുന്നു തന്നെ കുറിച്ച് പറയുന്നു അവിടെ ഒരിക്കലും പറയാൻ കഴിയുന്നില്ല എന്താണ് എനിക്ക് ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ കഴിയുന്നില്ല ഉറക്കമൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നില്ല എന്ന് പറയാൻ കഴിയുന്നില്ല എന്തായിരുന്നു ആ സമയത്ത് തന്റെ ആ അവസ്ഥ എന്താണ് അവിടെ ഇതം ബുദ്ധി ഇല്ല നാമരൂപങ്ങളെ കുറിച്ചുള്ള ബോധവുമില്ല രണ്ടും അതിനാതിരുന്നുകൊണ്ട് ഉള്ളതിന് ശേഷം പറഞ്ഞു ഉറങ്ങി ഉറങ്ങി എന്ന് പറഞ്ഞെന്നാൽ എന്റെ അർത്ഥം ഇതൊന്നും ഇല്ലായിരുന്നു എന്നാ നാമരൂപങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടായില്ല ഇതം ബുദ്ധിയുണ്ടായില്ല അതാണ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ ആരാണ് ഉറങ്ങിയത് ഞാൻ തന്നെ ഉള്ളതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന ഈ ഇതം ബുദ്ധിയുണ്ടവിടെ നുഭവുണ്ട് ഇവിടെ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ അസ്തിത്വം അത് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഞാൻ ഈ അനുഭവിക്കുന്ന മാമരൂപാനുഭവം ഈ ദമ്പതി അതവിടെ ഉണ്ടായിരുന്നില്ല അവിടെ കേവലം അസ്തിത്വം മാത്രം അതാണ് ഇവിടെ പറയുന്നത് സദേവ അത് മനസിലാക്കുന്നത് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല കാരണം സൃഷ്ടി അനാദിയാണ് അനാദി ആയിട്ടുള്ള സൃഷ്ടിയിൽ ഈ സൗകര്യവിധവും പ്രപഞ്ചവും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ അതാര്ക്ക് ചിന്തിക്കാൻ പറ്റും ചിന്തിക്കാൻ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയൊരു കാര്യം കാരണം അത്രയും കാലത്തിന്റെ പിന്നിൽ പോയി അത് ഗ്രഹിക്കുക മനസ്സിന് അത്രയും കാലദൈർഘ്യം അവന്റെ മുന്നിലുള്ള ആ അവസ്ഥ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ചിന്തിക്കാൻ പറ്റിയത് എന്താണ് ഉറക്കം ദൃഷ്ടാന്തമായിട്ട് എടുത്തിരിക്കുകയാണ് യഥാ സുഷുക്താ ദുഃഖിത സത്വം മാത്രം അവഗതി സുഷുക്തേ സന്മാത്രമേവ കേവലം ഇതല്ലാതെ മനസിലാക്കാൻ വേറെ ഒരു വഴി ആത്മാവിന്റെ സ്വരൂപം അത് കേവല അസ്തിത്വമാണ് എന്ന് മനസിലാക്കുന്നതിന് സുഷൃത്തിയല്ലാതെ വേറെ ഒരു വഴി എന്തുകൊണ്ട് സുഷിത്തുറക്കത്തിൽ നിന്ന് ഉണർന്നവൻ സത്വ മാത്രവച്ച അവൻ തന്റെ അസ്തിത്വത്തെ മാത്രമേ അറിയുന്നുള്ളൂ സുഷ്വേ സുഷിത്വത്തിൽ സന്മാത്രമേവ കേവലം വസ്തു അതറിയുന്നത് ആ സുഷു കേവലം സത്വം മാത്രം അങ്ങനെ സദേവ ഈ സദേവ എന്ന് പറയുന്നത് എങ്ങനെയാണോ സൃഷ്ടിക്കുന്നു യോജിപ്പിക്കുന്നത് അതുപോലെ സുഷൃത്തിന് യോജിപ്പിക്കുന്നു സദൈവ സദേവന്ന് മാത്രമുണ്ട സേകം അദ്വിതീയം സുഹൃത്തിൽ ഏകമായിരുന്നു അസ്തിത്വം മാത്രം അവിടെ അദ്വിതീയമായിരുന്നു കേവലം അത് മാത്രം വസ്തു രണ്ടാമതോടെ മറ്റൊന്നുമില്ല സന്മാത്രം കാരണം നമ്മൾ പഠിക്കാറുണ്ട് എന്താണ് സുഹൃത്തിയിൽ ആത്മാവുണ്ടായിരുന്നു അജ്ഞാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അജ്ഞാനം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതിനെ ഉണർന്നു വരാൻ കഴിഞ്ഞത് അത് കാരണശരീരമാണ് കാരണാവസ്ഥയാണ് ഇന്നൊക്കെ സാറിന് പഠിക്കാറുണ്ട് അജ്ഞാനം കൊണ്ടാണ് പിന്നീട് സ്വപ്നവും ജാഗ്രതവും ഉണ്ടാകുന്നത് അത് സൃഷ്ടിയിലെ സൃഷ്ടിക്കൊരു യുക്തി വേണം ആ യുക്തിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്ന കാര്യമാണ് എന്താണ് യുക്തി അതായത് ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം ആത്മാവ് നിർഗുണമാണ് നിഷ്ക്രിയമാണ് നിരാകാരമാണ് അതിനൊക്കെ അടുത്തടുത്തുള്ള ഭോക്തൃത്വം ഒന്നുമില്ല ഞാൻ സൃഷ്ടി ഇങ്ങനെ സംഭവിക്കുന്നു ജാഗ്രത സ്വപ്നവും അത് സംഭവിക്കുന്നു അതിനൊരു കാരണം വേണം ആത്മാവിനെ കാരണമായി പറയാൻ വയ്യ നിഷ്ക്രിയമായിരിക്കുന്നത് അതങ്ങനെ കാരണമാകും അപ്പോൾ അതിനൊരു യുക്തി വേണം ഈ സൃഷ്ടി ഇങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ ഒരു യുക്തി ഒരു സമാധാനം അത് പരമാർത്ഥമായതുണ്ടെങ്കിൽ പറയുന്നതല്ല യുക്തിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി യുക്തിയുക്തമായൊരു ചോദ്യം വന്നൊരു സമാധാനം വേണോ അത് യുക്തിപരമായി ചിന്തിക്കണം സമാധാനം എന്താണ് അവിടെ ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും കാരണമായ എന്താണ് അജ്ഞാനം അത് ഹേതുവായിട്ടാണ് ഇതുണ്ടായത് എന്നെല്ലാം പറയുന്നത് അസംബന്ധമല്ല അത് ഏതുപോലെ സദേവ സത്ത് മാത്രമേ ഉള്ളൂ നേരത്തെ ഇങ്ങനെ ചെന്നോ കിന്ന് ഇതാനിയും ഇതം സത്ത് ഇപ്പൊ സത്ത് മാത്രമല്ലേ ഇന്ന് സൃഷ്ടിക്കുന്നു സത് എന്ന് എന്തുകൊണ്ടോ പറഞ്ഞു ഇവിടെ ഇപ്പോഴും സത്ത് മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ സത്ത് മാത്രം എന്ന് പറയുന്നില്ല എന്തുകൊണ്ട് നാം രൂപങ്ങളുടെ അനുഭവമുണ്ട് ഇതം ബുദ്ധി ഇത് എന്ന അനുഭവമുണ്ട് അങ്ങനെ ഒരു അനുഭവം കൂടിയുള്ളതുകൊണ്ട് സത് ഏവാ എന്ന് പറയാൻ കഴിയുന്നില്ല ഇത് അതുപോലെ സുഷൃതി പറയുന്ന എന്താണോ സത് മാത്രമേവ കേവലം വസ്തു സത്ത് മാത്രമേ ഉള്ളൂ ജാഗ്രത്തിനും സത്ത് മാത്രമേ ഉള്ളൂവെങ്കിലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാരണം എന്തുകൊണ്ട് നമ്മുടെ അനുഭവം നാമരൂപങ്ങളുടെ യീതവും പ്രപഞ്ചമൊക്കെ അനുഭവമുള്ളപ്പോൾ സത്തെന്ന് മാത്രം അങ്ങനെ പറയാൻ പറ്റും അത് പരമാർത്ഥമാണോ പരമാർത്ഥം അതാണെങ്കിലും നമുക്കിതിൽ അംഗീകരിക്കേണ്ടി നാമരൂപങ്ങളുണ്ട് നമ്മുടെ അനുഭവമാണ് അവിടെ സുഷുത്തിയിൽ ഇവിടെ പറയുന്ന സുഷത്ത് സന്മാത്രമേ കേവലം വസ്തു ഏകം അദ്വീയം സുഷുത്തിൽ ആ സത്ത് മാത്രം ഏകവും അദ്വീയവുമായ സത്ത് മാത്രമാണ് അതാണ് പരമാർത്ഥം എന്നാലും ഇവിടെ നമ്മുടെ യുക്തി അംഗീകരിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയാണോ നമ്മുടെ അനുഭവം സത്തിന് അംഗീകരിക്കാൻ മടിക്കുന്നത് സത്ത് മാത്രമൊന്നും അംഗീകരിക്കാൻ നമ്മുടെ അനുഭവം സമ്മതിക്കുന്നുണ്ട് നാം രൂപാത്മകമായ പ്രപഞ്ചാനുഭവം അതുപോലെ സുഷൃത്തിയിൽ സന്മാത്രം അതാണ് പരമാർത്ഥമെങ്കിലും യുക്തി അനുഭവിക്കുന്നില്ല യുക്തി പറയുന്ന എന്താണ് അതെങ്ങനെയാകും പിന്നെ ഇതിനെല്ലാം എന്താ കാരണം ഒരു ബീജം അവിടെ ഇല്ലാതെ എങ്ങനെ ഈ കാര്യമുണ്ടാകും മണ്ഡൂയത്തിൽ അതിനെ നിഷേധിച്ചാണ് നമ്മളത് ചർച്ച ചെയ്തതുമാണ് ഓരോ ബീജത്ത് അംഗീകരിക്കുന്നത് അത് യുക്തിയെ സമാനപ്പെടുത്തണം പക്ഷെ പരമാർത്ഥം എന്താണ് എപ്പോഴും നമ്മുടെ ഈ അനുഭവത്തിനും നമ്മുടെ യുക്തിക്കും അപ്പുറമാണ് നമ്മുടെ അനുഭവത്തിനും യുക്തിക്കും അപ്പുറമാണ് പരമാർത്ഥമെങ്കിൽ ആ പരമാർത്ഥം കേവല സന് മാത്രം അവിടെ രണ്ടാമതൊന്നില്ല യുക്തിക്കപ്പുറം നിൽക്കാമോ അവിടെ സത്തല്ലാതെ മറ്റൊന്നില്ല അജ്ഞാനമോ അതിൻ്റെ കാര്യങ്ങളോ ബീജമോ വാസനയോ തമസോ അങ്ങനെ ഈ ശബ്ദങ്ങൾ കൊണ്ട് പറയാമെന്നുള്ള യാതൊന്നുമില്ല എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞ് സൺ മാത്രം കേവലം വസ്തു ഭാഷകാരൻ പറയുകയാണ് വ്യാഖ്യാനത്തിനും പറയും ചത്ര വിഭക്തം വസ്തുദൃശ്യത വ്യാഖ്യാനത്തിൽ പറയും അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഭക്തമായ സത്തിൽ നിന്ന് വേറിതിരിഞ്ഞ ഒരു വസ്തു അവിടെ ഇല്ല അപ്പൊ ഒരാൾ പറയുന്നു അല്ല അവിടെ അജ്ഞാനത്തിന്റെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരാൾ പറയുന്നത് സുഷൃത്തിയില്ല അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നു അഭാവപ്രസംഗജ്ഞാനമോ മറ്റെന്തിനെങ്കിലും ഒന്നിനെ അനുഭവിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ സുഷൃത്തിയല്ല ഉദാഹരണം ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ അജ്ഞനാണ് എനിക്കതിനെ കുറിച്ച് അറിയില്ല ഇതിനെ അറിയില്ല മറ്റേ വിഷയം അപ്പോൾ അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അജ്ഞാനത്തെ അറിയുന്നു അജ്ഞാനത്തെ അറിഞ്ഞാൽ അവിടെ ജാഗ്രത ആയി അവിടെ അറിയുന്നവൻ വേണം അറിവിനൊരു വിഷയം വേണം അറിവെന്ന് പറയുന്ന പ്രക്രിയ സംഭവിക്കണം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഞാൻ എൻ്റെ അജ്ഞാനത്തെ കുറിച്ച് അറിയുന്നു ഞാൻ പറയുന്നു ഞാൻ അച്ഛനാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സുഷുത്യഭാവ സുഷുതി ഇല്ലാത്തതുകൊണ്ട് അതറിയാൻ കഴിഞ്ഞു എവിടെ അറിവുണ്ടാകുന്നു അവിടെ സുഷൃത്തിയില്ല എന്തിനെക്കുറിച്ചാലും ശരി ജ്ഞാനത്തെക്കുറിച്ചോ അജ്ഞാനത്തെക്കുറിച്ചോ എന്തിനറിഞ്ഞാലും എന്തുവരും അവിടെ സുഹൃത്തി നഷ്ടപ്ര സുഷുത്യഭാവ പ്രസംഗ അധ തത്ര കേവല സന്മാത്രം വസ്തു സദേവ അതിനൊരു സന്മാത്രം എന്ന് പറയുന്നു വിടെ എവിടെ സുഷൃത്തിയിൽ വെക്കാൻ പറയുന്നത് കേവലം സന് മാത്രം അവിടെ സത്ത് മാത്രം ഇത് പരമാർത്ഥ നിലയിൽ പറയുന്നതാണ് യുക്തിയുടെ നിലയിലോ അനുഭവത്തിൻ്റെ നിലയിലോ പറയുന്നതല്ല പരമാർത്ഥം എന്ന് പറയുന്നത് അനുഭവത്തിനും യുക്തിക്കും അപ്പുറമാണ് ആ നിലയിൽ പറയുകയാണ് ഇനി മറിച്ച് താഴോട്ട് വന്നിട്ട് ഇനി യുക്തിയുടെ നിലയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ജ്ഞാനം ഉണ്ടായിരുന്നു എന്തുകൊണ്ടല്ലെങ്കിൽ ഈ ജാഗ്രതം അതുമായിട്ടൊരു ബന്ധം കാണുന്നില്ല ഇവിടെ കേവലം സത്ത് മാത്രമായിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഈ ജാഗ്രതകൾ തമ്മിലങ്ങനെ ബന്ധം വരുന്നു ഇടയ്ക്കൊരു സുഷുപ്തി വന്നു അവിടെ ഇതിനൊരു വിരാമം സംഭവിച്ചെങ്കിൽ പിന്നെ ഈ മുൻ ജാഗ്രത ഈ ജാഗ്രതയുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്താണ് ബന്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലുമൊന്നും വേണമല്ലോ അവിടെ ഒരു സംസ്കാരം വേണമല്ലോ ആ രീതിയിൽ യുക്തിയെ ആശ്രയിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പലപ്പോഴും യുക്തിയെ ആശ്രയിച്ച് ചിന്തിക്കുന്നിടത്ത് പരമാർത്ഥത്തിൽ നടന്നു പോവും കാരണം യുക്തിയിലൂടെ നമ്മൾ സത്യത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കണം പക്ഷെ സത്യം സ്വയം നിലനിൽക്കുന്നതാണ് അത് യുക്തിയെ ആശ്രയിക്കുന്നത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നല്ല സത്യം പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു യുക്തിയിലൂടെ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു അത് സാധ്യമുണ്ട് യുക്തിയിലൂടെ നമുക്ക് ഗ്രഹിക്കാം എന്താണ് യുക്തിയെ പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റുന്നു അതുകൊണ്ട് പരമാർത്ഥം എന്താണ് കേവല സന് മാത്രം വസ്തു കേവലം സത്ത് മാത്രമായിരുന്നു അത് സുഷുയിലും അങ്ങനെ തന്നെ ജാഗ്രതയിലും അങ്ങനെ തന്നെ ജാഗ്രത നമ്മൾ നമ്മുടെ അനുഭവത്തെ സ്വീകരിക്കുമ്പോൾ ഇവിടെ സത്ത് മാത്രമുണ്ടാമരൂപങ്ങളുണ്ട് ഗീതമുണ്ട് അതൊക്കെ നമ്മുടെ അനുഭവത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് കേവലം പരമാർത്ഥത്തിലോ ഇവിടെ അത് മാത്രം അതുകൊണ്ട് സുഷുതിയിലെന്താണോ മറ്റെന്തെങ്കിലും രണ്ടാമെന്ന് അജ്ഞാനമോ സംസ്കാരമോ മറ്റേതെങ്കിലും ഒന്നിനെ പാരമാർത്ഥികമായി സ്വീകരിക്കാൻ സാധ്യമല്ല അങ്ങനെ ഒന്നിനെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചാൽ ഇവിടെ പറയുന്ന സുശക്തി അഭാവപ്രസംഗ സുശൃത്തിയില്ലാതെ പോകും അത് കേവല സ്വത്താണ് അതുകൊണ്ടാണ് അതിനെ ദൃഷ്ടാന്തമായിട്ടെടുത്തത് അത് മാത്രമേ ദൃഷ്ടാന്തമായിട്ട് എടുക്കാനും പറ്റൂ മറ്റൊന്നും ഇതിന് ദൃഷ്ടാന്തമായിട്ടെടുക്കാൻ പറ്റില്ല ഈ പറയുന്ന കാര്യത്തിന് സമാധിപ്പോലും ദൃഷ്ടാന്തമായിട്ടെടുക്കാൻ കഴിയില്ല കേവല സുഷുത്തി മാത്രം അതത്ര കേവല സന്മാത്രം വസ്തു അതുകൊണ്ട് കേവലസത്ത് അതാണ് അത് കേവലസത്തായതുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് സഹജമാണ് സ്വയം പ്രകാശിക്കുന്നതാണ് അത് സ്വരൂപമാണ് എന്തെല്ലാം പറയുന്നതിന് കാരണമെന്താണ് സുഷത്തിൽ അത് കേവലമായി ഏകമായി അദ്വിതീയമായി സ്ഥിതി ചെയ്യുന്നൊണ്ടാണ് സത് ഏകം അദ്വിതീയം മൂന്ന് ഈ പദങ്ങളും ഇവിടെ യോജിപ്പിക്കുന്നത് സുഷത്തിയിലാണ് സത്തായിരുന്നു അത് ഏകമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ടാമതൊന്നിനെ അംഗീകരിക്കാൻ പറ്റും ഏത് സംസ്കാരം ഏത് വാസന അതിനൊക്കെ അംഗീകരിച്ചാലും പറയാൻ പറ്റും രണ്ടാമതെന്നുണ്ടെങ്കിൽ അങ്ങനെ അദ്വിതീയം എന്ന് പറയാൻ കഴിയും അതൊന്നും പറയാൻ കഴിയത്തില്ല അപ്പൊ രണ്ടാമതൊന്നുമില്ല കേവലം പരമാർത്ഥം മാത്രം കേവലസൻ മാത്രം വസ്തുവിധി യഥാപകമഹ അങ്ങനെ അറിയാൻ കഴിയുന്നു അപ്പോ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതോ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് അസന്ത് മാത്രം ആ സത്തിനെ പറയണമൊന്നും അറിഞ്ഞില്ല സത് മാത്രമാണെങ്കിൽ പിന്നെ ഒന്നിനെങ്ങനെ അറിയും മറ്റൊന്നിനെങ്ങനെ അറിയും ഇവിടെ ഈ അനുഭവം അവിടെ തുടരുന്നില്ല ഈ അനുഭവത്തിൽ വ്യാഗ്രത്തിലെ അനുഭവത്തിൽ നാമരൂപങ്ങളുണ്ട് ഇതം ബുദ്ധിയുണ്ട് കേവലമായ പരമാർത്ഥത്തിൽ അന്ന് പറയുന്നു ഒന്നും അറിഞ്ഞില്ല എന്നു ജാഗ്രത്തിലെ ഈ നാമരൂപ അനുഭവവും ഇതം ബുദ്ധിയും അവിടെയില്ല അതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു മറിച്ച് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വസ്തു അവിടെ ഉണ്ടെന്നുണ്ട് ഇതില്ല എന്ന് മാത്രം ഇതുമില്ല സ്വപ്നമില്ല അതുകൊണ്ട് പറയുന്നു കാരണം ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയും അറിവ് പറയുന്നത് ഇവിടെ രണ്ടിടത്തേ ഉള്ളൂ ഇവിടെ സ്വപ്നത്തിനും ജാഗ്രത്തിനും എന്തുകൊണ്ട് രണ്ടിടത്ത് സ്വപ്നത്തിൽ അറിഞ്ഞുകൊണ്ടിരുന്ന അറിഞ്ഞില്ല ജാഗ്രത്തിൽ അറിയുന്ന അറിയുന്നില്ല എന്നു പറയുമ്പോ അവിടെ ഈ സത്ത് തന്റെ അസ്തിത്വം അല്ലാതെ മറ്റെന്തോ ഒന്നുകൂടി അറിവില്ലായ്മ എന്ന് പറയുന്ന മറ്റൊരു വസ്തു കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഏകം അദ്വിതീയം എന്ന് പറയാൻ കഴിയത്തില്ല ഇവിടെ പറയുന്നത് എന്താണോ ഏകം അദ്വിതീയം നമ്മൾ പറയുന്നത് കേവല സന്മാത്രം വസ്തു കേവലം സന്മാത്രമായ വസ്തു ഇത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ നമ്മുടെ ജാഗ്രത അനുഭവത്തെ സ്വീകരിച്ചു കഴിഞ്ഞുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല ജാഗ്രതത്തിലെ യുക്തികളെ ചിന്തിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ചിന്തിച്ചാലും ഇത് മനസ്സിലാകത്തില്ല അപ്പം ചോദ്യം ചെയ്യും അതെങ്ങനെ സംഭവിക്കും യുക്തി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലത്തിരുന്നുകൊണ്ടാണ് നമുക്ക് സമാധാനം ഒരു കാരണമില്ലാതെ എങ്ങനെ കാര്യം ഉണ്ടാകും ഈ സംസ്കാരമില്ലാതെ കഴിഞ്ഞ ജാഗ്രതയുടെ കാര്യങ്ങളെ ഞാൻ എങ്ങനെ സ്മരിക്കും ഈ സംസ്കാരം ശ്രുഹൃത്തി ശേഷിച്ചിരുന്നു അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പി കണ്ട പശുവിനെ ഇന്ന് ഓർക്കുന്നു ഇന്നലെ ഉറങ്ങി ഉണർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഓർക്കുന്നു അപ്പം ഇന്നലെയും ഇന്നലെയും ബന്ധിപ്പിക്കുന്ന ഇടയ്ക്കെന്തോണ്ട് എന്താണ് സംസ്കാരമാണ് അനുഭവം നഷ്ടപ്പെട്ടു ഇന്നലത്തെ അനുഭവം ഇന്നലെ പോയി പക്ഷെ ഇന്ന് ആ സംസ്കാരമുള്ളതുകൊണ്ട് ഇന്നലത്തെ അനുഭവത്തെ ഇന്ന് സ്മരിക്കാൻ കഴിയുന്നു ഇടയ്ക്ക് ഒരു സുഷൃക്തി വന്നിട്ടും സുഷൃക്തിയിലും ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരം എവിടെയിരുന്നു അത് അജ്ഞാനത്തിലിരുന്നു ആ അജ്ഞാനം എവിടെയിരുന്നു സുഷൃക്തിയിലിരുന്നു അതെങ്ങനെ അറിയാം വന്നു പറഞ്ഞില്ല എന്ന് പറയുന്നു ഈ പറയുന്നത് ഞാനീ പറഞ്ഞതല്ല എന്താണ് യുക്തിയാണ് യുക്തിയിൽ ഇങ്ങനെ ഇത്രയോ ചിന്തിക്കാൻ കഴിയും യുക്തിയിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് യുക്തം തന്നെ പക്ഷെ ശ്രുതി എന്താ പറയുന്നത് ഏകം അദ്വിതീയം ഏകവും അദ്വിതീയവും അവിടെ വാസന ഉണ്ടെന്നോ സംസ്കാരം ഉണ്ടെന്നോ അജ്ഞാനമുണ്ടെന്നോ ഈ ശ്രുതിയുടെ തീരുമാനിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് പറയുന്നു കേവല സന്മാത്രം വസ്തു യഥാവഥമ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു അത് യുക്തിയും അനുഭവം വിട്ടിട്ട് ജാഗ്രത അനുഭവം ജാഗ്രത യുക്തിയും വിട്ടിട്ട് പരമാർത്ഥം നിലയെ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു തഥാ അതുപോലെ തന്നെയാണ് പ്രാഗുത് ഉത്പത്തേരപി സർവം സന്മാത്രം ഇത് മനസ്സിലായാൽ മനസ്സിലാവുകൊണ്ടാണ് പ്രാഗുത്പത്തെ ഉത്പത്തിക്കു മുമ്പ് സർവവും കേവലമായ സ്വത്ത് മാത്രം അതുകൊണ്ട് പരമാർത്ഥികമായ നിലയെ ജാഗ്രത അനുഭവം സുഷുതിയും എന്താ ജാഗ്രത അനുഭവം യുക്തിയും വിട്ടിട്ട് സുഷുതിയിലെ മനസ്സിലാക്കണം ചിന്തിച്ചു മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സത്വമാത്രം അപകച്ചു അസ്തിത്വം ശരി ബാക്കിയെല്ലാം നിഷേധിച്ചു എന്തുകൊണ്ട് അസ്തിത്വത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല ഇവിടെ പറയുന്ന സാൻ മാത്രം അതിനെ നിഷേധിച്ചുകൂടി അത് സാധ്യമില്ല എന്തുകൊണ്ട് ഞാൻ സ്വപ്നായി നിഷേധിക്കാൻ പറ്റുന്നില്ല എനിക്ക് പറയാൻ പറ്റും ഞാൻ ഒന്നിനെയും അറിഞ്ഞില്ല ജാഗ്രത അറിഞ്ഞില്ല സ്വപ്നം അറിഞ്ഞില്ല അത് മാത്രമല്ല നമ്മൾ സാധാരണ അറിഞ്ഞു എന്ന് പറയുന്ന അജ്ഞാനം അതിനെ അറിഞ്ഞില്ല ധൈര്യമായിട്ടും പറയാം ഉറപ്പിച്ച് പറയാം സൃഷ്ടിയിൽ ഞാൻ അജ്ഞാനത്തെ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ സൃഷ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നില്ല അജ്ഞോഹം അജ്ഞോഹം ഞാൻ അജ്ഞനാണ് അജ്ഞനാണ് ഉറങ്ങാൻ കഴിയാതിരുന്നെ ഇപ്പൊ എങ്ങനെയാണോ അജ്ഞനാണെന്ന് പറയുന്നത് അതുപോലെ സുഷ്ടി ഇത് തുടർന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അജ്ഞനാണ് അങ്ങനെ പറയുന്നില്ലല്ലോ അതുകൊണ്ട് അവിടെ അജ്ഞാനത്തെയും അറിഞ്ഞില്ല മറിച്ച് ഒരു കാര്യം എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നുണ്ട് എന്താണോന്ന് എനിക്ക് സുശുദ്ധി അനുഭവം ഉണ്ടായില്ല ഞാൻ ഉറങ്ങിയില്ല അത് പറയാൻ പറ്റുന്നുണ്ട് അവിടെ എനിക്ക് പറയേണ്ടി വരുന്നു ഞാൻ സ്വപ്നായിരുന്നു അവിടെ തന്റെ അനുഭവങ്ങളെല്ലാം നിഷേധിക്കാൻ പറ്റും പക്ഷെ തന്നെ നിഷേധിക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടത് പരാമർശ സംഭവ പറയുന്നു ുദ്ധിരസ്യ പരാമർശ ഉറക്കത്തിനോ ഒന്നും പറയുന്നു ഞാൻ ഉറങ്ങി ഞാനൊന്നും അറിഞ്ഞില്ല അവിടെ ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അതുപോലെ എന്റെ അസ്തിത്വത്തെ അവിടെ നിക്ഷേപിക്കാൻ പറ്റുന്നില്ലാന്ന് പറയുന്നത് എന്റെ അസ്തിത്വത്തെ അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു ആ അസ്തിത്വമാണ് ഞാൻ അതില്ലാതാകുന്നില്ല ശൂന്യമാകുന്നില്ല നഷ്ടപ്പെടുന്നില്ല അസ്തിരിക്കുന്നതുകൊണ്ട് സന്മാത്രം ഞാനെന്ത്ഷേധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇത് വളരെ സ്പഷ്ടമാണ് കേവല യുക്തിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇത് യുക്തിയുടെ വിഷയമല്ല കേൾവിധി തഥാ പ്രകുത്പത്തി ഇത് മനസ്സിലാക്കിയാൽ ഇതുപോലെ മനസ്സിലാക്കാം ഉത്പത്തിക്ക് മുമ്പും സത്തായിരുന്നു അദ്വിതീയുമായിരുന്നു ഏകവുമായിരുന്നു ഈ സത്തിൽ നിന്നും വരണോടെ പറയുന്നു അഗ്രയെ സൃഷ്ടിക്കുന്നു മുമ്പ് അടുത്ത് പറയുന്ന സൃഷ്ടിയെക്കുറിച്ച് അങ്ങോട്ട് പറയുന്നു സൃഷ്ടിക്കുന്നു അസ്തിത്വം നിലനിന്നിരുന്നു ഒരു അസ്തിത്വം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഈ ഉണർവിന് മുമ്പോ ഉണ്ടായിരുന്നു ഒരു അസ്തിവം കേ അസ്തിത്വം അതിങ്ങനെ ഉണർവിനും ഉറക്കത്തിനുമായി അസ്തിത്വം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് തന്നെ സൃഷ്ടി പ്രളയങ്ങളിൽ അസ്തിത്വം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനിടയ്ക്ക് ഇങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു വീണ്ടും പ്രളയത്തിലേക്ക് പോകുന്നു ഒരു ജാഗ്രത സംഭവിക്കുന്നു വീണ്ടും സൃഷ്ടിയിലേക്ക് പോകുന്നു അതിൽ അനുസൃതമായിരിക്കുന്ന ഈ അസ്തിത്വം അതിനാണ് തത് എന്ന് പറയുന്നത് ഈ അസ്തിത്വം അത് തൊമസി അടുത്ത് പറയുന്നതാണ് അത് നീയാണ് അതാണ് നിന്റെ സ്വരൂപം അതിന് ദൃഷ്ടാന്തം പറഞ്ഞു വാചാരംഭണം വികാരവും നമുധേ കാരണം നീ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു നീ നീ സൃഷ്ടിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊക്കെ നീ കരുതുന്നു അങ്ങനെ കരുതുകയാണെങ്കിൽ തന്നെ ഒരു സൃഷ്ടിയായി കരുതുകയാണെങ്കിൽ സൃഷ്ടിയായിരിക്കുന്ന നീ ഏത് നന്നാണോ നിന്നെ സൃഷ്ടിച്ചതും നന്യമല്ല നീ അതാണോ തത് ആണ് തത്വം പറയുന്നത് ആ തത് അതാണ് നീ എന്ന് പറയുമ്പോ ഉള്ള സേതു ഏതു താനെന്നാരാണോ ശരീരത്തോടും മനസ്സിനോടും പണ്ട് ചുറ്റുപാടുകളെല്ലാം ചേർത്ത് തന്നെ കുറിച്ച് ചിന്തിച്ചു ധരിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ അതിനെ നിഷേധിക്കുന്നു ഇനി അതെല്ലാം മറിച്ച് ത അത് തത്തുമസി മനസ്സിലാക്കുന്നതിന് എന്താണോ ഇവിടേക്ക് ഭക്ഷ്യകാലം പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് വളരെ ലളിതമായി മനസ്സിലാക്കും അതിന് വേണ്ടിയിട്ട് ഒരു ഈശ്വരൻ ായ ഒരുശ്വരൻ പിന്നെ നിർഗുണനായ ഒരു ഈശ്വരൻ പിന്നെ അത്വജ്ഞനായ ജീവൻ പിന്നെ ഇതിൽ ഒന്ന് തത്ത് മറ്റൊന്ന് അതിന് പരസ്പര വൈവിധ്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അതിനെ ഉപേക്ഷിക്കുക അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല ഇവിടെ ശ്രുതി പറയുന്നത് ശ്രുതി പറയുന്നെന്താണോ വളരെ ലളിതമായി പറയുന്നെന്താണോ നീ സുഷുതിയിൽ നീ ആ സത്താണ് സദേവ അതാണ് തത്ത് സുഹൃത്തിയിലുണ്ടായിരുന്ന ആ സത്വം എന്റെ അസ്തിത്വ അതാണ് തത്ത് അതാണ് നീ ബാക്കിയൊന്നുമല്ല ബാക്കിയെന്താണ് ജാഗ്രത്തില ഈ ഇതം ബുദ്ധി ജാഗ്രത്തിലെ ഈ നാമരൂപാനുഭവം ഈ ജാഗ്രതത്തിലെ യുക്തിയും മറ്റു കാര്യങ്ങളുമുള്ള ഇതൊന്നും അല്ല നീ യിലെ എന്താണ് സത് സദേവ അവിടെ ഏകവും അതിഥിയുമായിരുന്നു അത് തോമാസി അതാണെങ്കിൽ വളരെ എളുപ്പമാണ് അവിടെ ഈശ്വരനിലേക്കൊന്നും പോകേണ്ട വരുന്നില്ല ശ്രീ നേരിട്ടാണ് വ്യക്തമായിട്ട് ബോധിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊരാൾക്ക് മനസ്സിലാകാൻ എന്താണോ കേവല സസ്സ്വരൂപനാണ് തൻ കേവലം അസ്തിത്വമാണ് അങ്ങനെ മനസ്സിലാക്കിയാലേ തനിക്ക് ജന്മ നാശങ്ങളില്ല എന്നും താൻ നിത്യമുക്തനാണെന്നും എല്ലാം ഗ്രഹിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും വീണ്ടും അവൻ സ്വയം തന്നെ സംസാരിക്കായിട്ട് എന്നെ അനുഭവപ്പെടും അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കും അപ്പോൾ തത്വമസ്യം മനസ്സിലാക്കുന്നത് ഒരു ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നത് സുഷൃത്തിയിലൂടെയാണ് അല്ലാതെ ഈശ്വരനിലൂടെ അല്ല അതിന്റെ ആവശ്യം കൂടെ വരുന്നല്ല അത് വന്നാല ആശയല്ല മാർക്കും ഒരിക്കലും പിടികിട്ടത്തില്ല വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പൊ അത് എപ്പോഴും സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തിയ പറയുന്നു കാരണം ഇവിടെ ശ്രോതാവ് ഈ സൃഷ്ടിയിൽ അഭിമാനിച്ചിരിക്കുകയാണ് തന്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ സൃഷ്ടി തന്റെ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിൽ അഭിമാനിച്ചിരിക്കുകയാണ് ഇത് താനാണ് താൻ ഇതിന്റെ ഭാഗമാണെന്നെല്ലാം കരുതിയിരിക്കുന്നു തന്റെ ബുദ്ധി ഒരിക്കലേക്കും ആ സത്തിലേക്ക് പോകുന്നു സുഹൃത്തിയിൽ അവശേഷിക്കുന്ന ആ കേവലമായ സത്തിലേക്ക് പോകുന്നു ഇതിലെല്ലാം ബുദ്ധി കുരുങ്ങിക്കിടക്കുകയാണ് അത് അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സൃഷ്ടിയായി വിശദീകരിക്കുന്നത് സൃഷ്ടിയായി വിശദീകരിക്കുന്ന സൃഷ്ടി പ്രക്രിയ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഈ അനുഭവം ഇത് സൃഷ്ടിയാണ് ഈ അനുഭവത്തിൽ താൻ ഭ്രമിച്ചിരിക്കുകയാണ് ഇതാണ് താൻ തൻ്റെ അനുഭവമാണ് ശരി ഭ്രമിച്ചിരിക്കുന്നു അവിടെ ശ്രുതിബോധിപ്പിക്കുന്ന എന്താണോ ഈ അനുഭവം ഇങ്ങനെ ഉണ്ടായി ഈ അനുഭവം കേവലം സൃഷ്ടി എവിടെ നിന്നുള്ള സൃഷ്ടി സത് ഏകം അദ്ധീയം ഏകവും അദ്ധീയവുമായിട്ടുള്ള സത്തിൽ നിന്നുള്ള സൃഷ്ടിയാണ് ആ സൃഷ്ടിയിൽ നീ ഭ്രമിക്കരുത് ആ സൃഷ്ടിയിൽ നീ അഭിമാനിക്കരുത് മറിച്ച് നീ എന്താണ് ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്താണ് അത് ഏകവും അദ്വിതീയവുമാണ് അതിന് ഇതാണെന്നും ധരിക്കുന്നു കാരണം ഇവിടെ ഏകമായി അനുഭവപ്പെടേണ്ട സൃഷ്ടി സൃഷ്ടിയുടെ അദ്വിതീയമായി അനുഭവപ്പെടുന്നുണ്ട് ഇനി സൃഷ്ടിയെ തന്നെ ഒരാൾക്ക് ഏകമായും അദ്വിതീയമായും അനുഭവപ്പെടാമെങ്കിൽ പിന്നെ തത്വമുസീല ആവശ്യമില്ല അപ്പോഴാണ് ഉപദേശമെല്ലാം അവസാനിക്കുന്നത് പക്ഷേ അങ്ങനെ അനുഭവപ്പെടുന്നില്ല ഇവിടെ സൃഷ്ടി അനുഭവപ്പെടുന്നുണ്ട് സൃഷ്ടി പ്രത്യക്ഷമാണ് അത് ഇതംബുദ്ധിക്ക് വിഷയമാണ് ഈ അനുഭവത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഏത് തത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏതൊരു ജാഗ്രത അനുഭവത്തിൽ നിന്നാണ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാറ് ആ ജാഗ്രത അനുഭവത്തോട് ബന്ധപ്പെടുത്തി സൃഷ്ടിയോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് ഇവിടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ വളരെ തെരുധരിച്ചുകളായിരുന്നു ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് ജാഗ്ര സൃഷ്ടി രണ്ട് അനുഭവങ്ങളും മാത്രം തന്നെ സൃഷ്ടി എന്ന് പറയുന്നത് ആ സൃഷ്ടി എന്ന് പറയുമ്പോൾ താൻ ജനിച്ച കാലം ഇവിടെ മുമ്പ് പറഞ്ഞുള്ള ഗമനം ഭൂമിയിൽ നിന്ന് പോയി ചന്ദ്രലോകത്ത് പോയി തിരിച്ചു വരുന്നു വരുന്ന വഴിയൊക്കെ പറഞ്ഞു അവസാനം ഗർഭത്തിലൂടെ ശിശുവായി പുറത്തു വരുന്നു സൃഷ്ടിക്കാതുമായിട്ട് ആ സംസാരഗതിയുമായിട്ട് സൃഷ്ടിക്ക് ബന്ധമൊന്നുമില്ല ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണോ ഈ ജാഗ്രത അതാണ് സൃഷ്ടി ഈ ജാഗ്രതാകുന്ന സൃഷ്ടിയിൽ ും ഭ്രമിക്കരുത് അതിലഭിമാനിക്കരുത് എന്തുകൊണ്ട് ഈ ജാഗ്രതാകുന്ന ഈ സൃഷ്ടി പരമാർത്ഥത്തിൽ ആ സൃഷ്ടാവ് തന്നെയാണ് എന്തിരുന്നാണോ ഉണ്ടായത് അത് തന്നെയാണ് അതിന് നടത്തി ഉദാഹരണം പറയുന്നു യഥാ ഇതം ഉച്ചിത ലോകെ പൂർവാണ്ണി ഘടാ ശുശ്രക്ഷണ കുലാലയനം മൃത്കുണ്ഠം പ്രസാദിതം രംഗ പ്രേ ത ൂടെ പറഞ്ഞു അഗ്രെ സൃഷ്ടിക്കും മുമ്പ് എന്ന് പറഞ്ഞു രണ്ടു തരത്തിൽ പറയാം ഒന്നിൽ പറയാം സൃഷ്ടിക്കും മുമ്പ് അല്ലെങ്കിൽ പറയാം ഈ ജാഗ്രതത്തിന് മുമ്പ് രണ്ടിന്റെ താല്പര്യം ഒന്ന സൃഷ്ടിക്കും മുമ്പ് എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുകയാണ് ഒരാൾ മൺപാത്രത്തെ ഉണ്ടാക്കുന്ന ആദ്യം എന്ത് ചെയ്തു മണ്ണ് കുഴച്ച് വെള്ളം ചേർത്ത് മണ്ണ് ചിലക്ക് എന്നാൽ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാൻ പറ്റും അതങ്ങനെ മണ്ണ് തയ്യാറാക്കി വെച്ചു ലോകീ പൂർവാണ്ണി ഘടാദി ശുശ്രക്ഷണ രാവിലെ അയാൾ എഴുന്നേറ്റ് അയാൾക്ക് നിത്യവൃത്തിക്ക് വേണ്ടി പാത്രം ഉണ്ടാക്കണം അപ്പം അതിന് മിനിറ്റ് ആദ്യം മണ്ണ് തയ്യാറാക്കി കുലാലയം അമൃത്പിണ്ടം പ്രസാരത തയ്യാറാക്കി വെച്ച് ശരിക്കും വെള്ളമൊക്കെ ചെറു ശരിക്കും തയ്യാറാക്കി വെച്ചു ഇതൊരാൾ കാണും ഉപലഭ്യ ഗ്രാമാന്തരംഗത്വം വഴിയാത്രക്കാരനീത് കാണും അയാള് എവിടെ പോവുകയാണ് അപ്പോ വഴിയിലൊരു കുലാലൻ ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത് കാണും അയാൾ അത് കണ്ടിട്ട് പോയി പ്രത്യാഗതം അപരാന്നെ പോയി മടങ്ങി വന്നു ഉച്ച കഴിഞ്ഞ് മടങ്ങി വന്നു മടങ്ങി വന്നപ്പോ എന്താണ് തത്രശരാദ്യ അനേക ഭേദഭിന്നം കാര്യം അവിടെ ആ മൺകൂഞ്ഞെ അവിടെ കാണാനല്ല അതിന് പറയാൻ എന്താണ് അവിടെ നിറയെ പലതരത്തിലുള്ള പാത്രങ്ങളാണ് നിലനിന്നിരിക്കുന്നത് മൺകൂനിയുടെ സ്ഥാനത്ത് കാണുന്ന എന്താണോ പലതരത്തിലുള്ള മൺപാത്രങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇത് രണ്ടും കണ്ടവളരാദി അനേക ഭിന്നം കാര്യ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കെന്താ സംശയം വരുന്നത് ഈ കാണുന്ന ഈ കാണുന്ന ഈ മൺപാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയം വരും ചോദിക്കുന്ന എന്താണ് ദൃഷ്ടാന്തത്തിലൂടെ ഒരുവൻ ആ സുഷൃത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ സൃഷ്ടിയിലേക്ക് പോയി ഇതൊന്നുമില്ല എന്നറിഞ്ഞു ഒന്നിൻ്റെ അനുഭവം ഇല്ലാതായി ജാഗ്രത സ്വപ്നങ്ങളുടെ അനുഭവമില്ല ജ്ഞാനാജ്ഞാനങ്ങളുടെ അനുഭവമില്ല യാതൊരു അനുഭവം ഇല്ലാതെ കേവലം സന്മാത്രനായി ആ സുഹൃത്തിയിലിരിക്കുന്നവൻ അവിടെ നിന്ന് ഉറങ്ങി അവിടെ നിന്ന് അവൻ ജാഗ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം ആ സന് മാത്രമാണെന്നോ ഇത് കേവലമായ സന് മാത്രമാണ് എന്ന് മനസിലാക്കുന്നതിന് എന്താ പ്രയാസം ആ ചോദിക്കുന്നു വേറെ ചിന്തിക്കരുത് അവിടെ അതുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാൽ പോയി എങ്ങനെയാണോ കുലാലൻ്റെ മൃത്തിനെ കണ്ടവൻ അത് ബോധ്യപ്പെട്ട് മനസ്സിലായെന്താണോ മൃതയവേദം ഘടശരാവാദി കേവലം ഈ ഘടശരാവാദികളെല്ലാം കേവലമായ മൃത്ത് തന്നെ എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഇതിലും എത്ര സഹജമായിട്ടാണ് ഒരാൾ കേവലം തൻ്റെ അസ്തിത്വത്തെ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് സുഷുപ്തനാകുന്നത് അവനുള്ള വന്നു കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം കേവലം ആ സത്ത് മാത്രമാണ് ഇവിടെ പ്രഖ്യാത പറഞ്ഞാൽ കേവല സന്മാത്രം വസ്തു കേവല സത് മാത്രമായ വസ്തുവാണ് എന്ന് മനസ്സിലാക്കുന്നതിന് എന്താ പ്രയാസം കേവലം പൂർവാണ്യ ആ സി അതായിരുന്നു ഇവിടെ പറയുന്നത് എന്താണ് ഞാൻ പകൽ പോയപ്പോ കേവലം മണ്ണായിരുന്നു തിരിച്ചു വന്നു പാത്രം ഞാൻ സ്വപ്തനായിരുന്നപ്പോൾ കേവലം സത്ത് മാത്രം ഉണർന്നു വന്നപ്പോൾ നാമരൂപങ്ങൾ ഇതിനെന്താ മനസ്സിലാക്കാൻ പ്രയാസം ഇത് തഥാഹ്യാപിച്ചത് അതേപോലെ ഇവിടെയും പറയുന്നത് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ നിന്നും മനസ്സിലാകും എന്താണ് സദേവേദമഗ്ര ആസീ സേകമേവീ അദ്വിതീയം അതുകൊണ്ടിത് അസ്തിവ മാത്രമാണ് താൻ കേവലമായ സത്വ മാത്രമാണ് എ എന്ന് മനസ്സിലാക്കുന്നതിന് ഇത്രയും മതി മറിച്ച് നമ്മുടെ മനസ്സിൽ മറ്റു പല ചോദ്യങ്ങൾ അതിനൊക്കെ സമാധാനം കണ്ടെത്തുകയും ചെയ്യണമെങ്കിൽ പലതും ചിന്തിക്കേണ്ടി ഇത് തത്വത്തിന്റെ പ്രകാശനം എന്നാണ് പറയുന്നത് അവരിക്കലും ഒരു യുക്തിയുടെ സമാധാനമാണ് രണ്ട് രണ്ടാണ് നമ്മുടെ മനസ്സിന് അനേകം ചോദ്യങ്ങളുണ്ടാവും സൃഷ്ടിയെക്കുറിച്ച് തന്നെ കുറിച്ച് തന്റെ അസ്തിത്വത്തെക്കുറിച്ച് അപ്പോ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മളെന്താഗ്രഹിക്കുന്നത് യുക്തിയുക്തമായ സമാധാനം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടിയുള്ളൂ പക്ഷെ ആ യുക്തിയുക്തമായ സമാധാനം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ചോദ്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളെ ആശ്രയിച്ച് നമ്മുടെ പ്രശ്നം പാലിസ്യമാണെങ്കിൽ നമ്മുടെ യുക്തിയും പാലിസ്യമായിരിക്കും അതിൻ്റെ സമാധാനവും പാലിസ്യമായിരിക്കും നമ്മുടെ ആ പ്രശ്നത്തിൽ യുക്തിഭംഗമുണ്ടെങ്കിൽ നമ്മുടെ യുക്തിയിലും യുക്തിഭംഗം നമ്മുടെ സമാധാനത്തിനും അത് വരും യുക്തി എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യത്തിനെയും ഒരു സമാധാനത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് യുക്തി എന്ന് പറയുന്നത് അത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന മാത്രം മാത്രമാണ് ശരിയാണ് ഇങ്ങനെ സൃഷ്ടി സംഭവിച്ചത് എന്തുകൊണ്ട് ഈ സൃഷ്ടി സംഭവിക്കുന്നത് അതാ സൃഷ്ടിക്ക് കാരണമായെന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ സംസ്കാരം ഉണ്ടായിരുന്നു വാസന ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് നമ്മളെങ്ങനെയാണോ ഒരു ജാഗ്രത്തിൽ നിന്ന് സുസൃത്തിയിലേക്ക് കടന്ന് ആ സുഹൃത്തിയിൽ നിന്ന് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോ പഴയ ജാഗ്രത്തിനെയും ഈ ജാഗ്രതയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ ബന്ധിപ്പിക്കണമെങ്കിൽ നമുക്കവിടെ യുക്തി വേണം ആ യുക്തിക്ക് സമാധാനം വേണം ഇത് ഇവിടെ അങ്ങനെ അതിനെല്ലാം വിടുന്നു ചോദ്യം ഉത്തരം യുക്തി അങ്ങനെ വിടുന്നു ഇവിടെ പറയുന്ന എന്താണ് തത്വം എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന്റെ സമാധാനമായി വരുന്നതല്ല യുക്തിയുടെ പരിഹാരമല്ല മറിച്ച് എന്താണ് തത്വം പ്രകാശനമാണ് എന്ന് പറയും തത്വത്തിന്റെ പ്രകാശനമാണ് തത്വം പ്രകാശിക്കുകയും അതുകൊണ്ടാണ് അതിനെ എന്താണ് ജ്ഞാനോദയം ഉണ്ടായി എന്നൊക്കെ പറയും വെളിപാടുണ്ടായി എന്നൊക്കെ പറയും അത് യുക്തി ആശ്രയിച്ചെന്നുണ്ടാവുന്നതാണ് അതിനാണിവിടെ വെളിപ്പെടുത്തുന്നത് അങ്ങനെ അപ്പോൾ അതിന് അങ്ങനെ ഒരു വെളിപാടായിട്ട് സ്വീകരിക്കുമ്പോൾ അവിടെ യുക്തിയൊക്കെ ഇവിടെ വരും ചോദ്യോത്തരങ്ങളെല്ലാം അവിടെ മാറ്റിയില്ലേണ്ടിവരും അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ഏകം അദ്വിതീയം എന്നിട്ട് പറയുന്നു ചെയ്തതിനോട് തത് ഞാൻ ഏകവും അദ്വീയവുമായ വസ്തുവാണ് തധാ ഉച്ച അതാണ് ഉം പറയുന്നത് അഗ്രസീവ് സ്വകാര്യപതി ളെ എടുക്കുന്നുള്ളൂ ഒരു കാരണം ഒരു കാര്യം ഒരു മൃത്ത് അതിന് പാത്രങ്ങൾ രണ്ട് വസ്തുക്കളെ മാത്രം ഉള്ളൂ മൃത്തും പാത്രങ്ങളും സുഷുതയും ജാഗ്രതയും അങ്ങനെ എടുക്കാം അപ്പൊ ഇവിടെ പാത്രത്തിൻ്റെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനന്തമാണ് അനേകമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത അതിപ്പോൾ മൃത്തിന്റെ കാര്യമായിട്ടെടുക്കുന്നത് മണ്ണുകൊണ്ട് പുലാൽ ഉണ്ടാക്കുന്ന പാത്രങ്ങളും മറ്റുമാണ് പക്ഷെ ആ മൃത്തിന്റെ കാര്യമാണ് നമ്മുടെ ഈ ശരീരം മിക്ഷ ലാധികൾ ഈ പൃഥ്വി തന്നെ മൃത്തിന്റെ കാര്യമാണ് ഇതെല്ലാം കാര്യമാണ് അപ്പോൾ സ്വകാര്യ പരിതമൃത്തിന്റെ കാര്യത്തിൽപ്പെട്ടിരിക്കുന്നു ഈ സമ്പൂർണവും നമ്മുടെ അനുഭവ വിദ്യുമായിരിക്കുന്ന ഇതെല്ലാം ഈ പാർത്ഥിവമായതെല്ലാം അമ്പലത്തിന്റെ കാര്യമാണ് നമ്മളൊരു ചെറിയ അതിൽ നിന്നൊരു ചെറിയ ദൃഷ്ടാന്തത്തെ ചിന്തിക്കുന്ന അതുപോലെ ആ സുഷക്തിയുടെ സത്തിന്റെ കാര്യമാണ് ഈ ജാഗ്രത എല്ലാം ജാഗ്രത എല്ലാം എന്ന് പറയുമ്പോൾ ഈ ജാഗ്രതത്തിലെ ജ്ഞാനവും അജ്ഞാനവും എല്ലാം അത് ഞാൻ പറഞ്ഞല്ലോ അജ്ഞാനം ജാഗ്രതയിലേക്ക് എന്തുകൊണ്ട് ജാഗ്രതത്തിലാണ് ജ്ഞാനമുള്ളത് ജാഗ്രതത്തിലാണ് നമുക്ക് ബോധമുള്ളത് അപ്പോൾ ഇവിടെ ബോധമില്ലായ്മയും വരും അറിവും അറിവില്ലായ്മയും വരും അത് ജാഗ്രത സ്വഭാവമാണ് ജാഗ്രത നമുക്ക് ജ്ഞാനം മാത്രമാക്കാൻ പറ്റത്തില്ല നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാകും തത്വജ്ഞാനി കേവലം ജ്ഞാനത്തിൽ മാത്രം ഇരിക്കുന്നതാണ് അജ്ഞാനമില്ല തത്വജ്ഞാനിയുടെ ജാഗ്രതനെ കുറിച്ചാണോ പറയുന്നത് ജാഗ്രതാണെങ്കിൽ അതിന്റെ സ്വഭാവമാണ് അത് ദ്വന്ദ്മകമായി ഇരിക്കും എവിടെയിരുന്നാലും ശരി ജ്ഞാനീൻ്റെ ഇരുന്നാലും ശരി അജ്ഞാനീൻ്റെ ഇരുന്നാലും ശരി അത് ജ്ഞാനാജ്ഞാനങ്ങളോടുകൂടി ഇരിക്കും അല്ലേ വെളിച്ചവും നേടും പോലെ ഒന്നിനു മാത്രം ഇരിക്കാൻ പറ്റത്തില്ല അതിരുന്നോ എവിടെയെങ്കിലും അതിന്റെ വിപരീതമായതും കാണും എന്നാ വിരള് മാത്രം എവിടെയെങ്കിലും ഇരിക്കൂ പറ്റത്തില്ല ഇരുളിന് മാത്രം ഞാനൊരു സ്ഥലത്ത് പോയി ഇവിടെ സൂര്യന്റെ പ്രകാശമൊന്നും വ്യത്യാസ സ്ഥലമാണ് അവിടെ ഇരുൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ അവിടെ ഇണ്ടായിരുന്നു ഒരു വെളിച്ചം ഇരുളിനെ അറിയുന്ന വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരുളന്ന് എനിക്ക് പറയാൻ കഴിയില്ല എവിടെ ഇരുളുണ്ടോ അവിടെ വെളിച്ചം വരും വെളിച്ചം എവിടെയുണ്ടോ ഇരുളും വരും ഇതാണ് ജാഗ്രത്തിന്റെ അവസ്ഥ ജാഗ്രത്തിന് ജ്ഞാനവും അജ്ഞാനവും ഉണ്ട് അതുകൊണ്ട് എന്ത് വരുന്നത് ഇവിടെ ജ്ഞാതവും അജ്ഞാതവും ജ്ഞാനത്തിന് വിഷയവുമായി വരുന്ന ജ്ഞാതം അജ്ഞാനത്തിന് വിഷയവുമായി വരുന്ന അജ്ഞാതം ഇത് രണ്ടുമുണ്ട് ജ്ഞാതം രണ്ടുമുണ്ട് അപ്പൊ ഇവിടെ ഈ ജാഗ്രത്തിൽ ഉള്ള സർവെന്താണ് ഈ പറയുന്ന സ്വകാര്യ പതിതം അതിവിടെയുള്ളു സ്വകാര്യ ആ സുഷൃപ്തനായിരിക്കുന്ന പുരുഷന്റെ കാര്യത്തിൽ പെട്ടിരിക്കുന്ന അസ്തിത്വത്തിന്റെ കാര്യത്തിൽ പെട്ടതാണ് അതിവിടെയുള്ളു അവിടെയില്ല ആ സുഷൃപ്തനായിരിക്കുന്നവന് അതിൽ എന്തുകൊണ്ടവിടെ ഏകം അദ്വിതീയം ഇതുണ്ടെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല അവിടെ ജ്ഞാനമോ അജ്ഞാനമോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല അതാണ് നമ്മൾ പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതത്തിലെ ദനുഭവങ്ങളൊന്നും ഉണ്ടായില്ല ഈ ജാഗ്രതത്തിലെ ജ്ഞാനവും അജ്ഞാനവും രണ്ടും അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് സ്വകാര്യപ്രകൃതം വന്യ അവിടെ മറ്റൊന്നുമില്ല ജ്ഞാനാജ്ഞാനങ്ങളൊന്നുമില്ലേകം ഏവ അതുകൊണ്ടാണ് ഏകം ഏകമെന്ന് പറയുക മാത്രമുള്ളൂ ഏവാ വീണ്ടും സംശയമുണ്ട് എന്നാലും അതങ്ങനെ ശരിയാവും അവിടെ ഒരു അജ്ഞാനം കൂടി വേണ്ടേ അവിടെ അശ്വത്വം മാത്രം മതിയോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇതിനൊക്കെ സമാധാനം ആ ഇതിനൊക്കെ സമാധാനം ഇവിടെയാ കിട്ടേണ്ടത് അവിടെയല്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ചുരുത്തി കിട്ടാറുണ്ടോ കിട്ടാറില്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ടോ അതുമില്ല അപ്പോൾ ഈ ചോദ്യോത്തരങ്ങളുടെയൊക്കെ സ്ഥലം അതിവിടെ തന്നെയാണ് ചോദ്യോത്തരവും ഇവിടെ അവസാനിക്കണം അവിടെ ആണെങ്കിലോ ഏകമേവ കേവലം സ്വത്ത് മാത്രം ഇത് തന്നെയാണ് സൃഷ്ടിക്കും സൃഷ്ടിക്കും മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വൈഷമ്യം എന്താണ് ഈ സൃഷ്ടിയിലെ ദീർഘമായ കാലബോധം സൃഷ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം അത് അനാദിയായൊരു കാലപ്രവാഹത്തിൽ എന്നോ സംഭവിച്ചതാണ് ആ കാലത്തിനൊപ്പം നടന്നു പോകാൻ നമ്മുടെ ബുദ്ധിക്ക് ശേഷിയില്ല ബുദ്ധിക്ക് കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മുടെ ബുദ്ധിക്ക് പരമാവധി കാലത്തെ ഏതുവരെ ഉൾക്കൊള്ളാൻ പറ്റും എന്തിനു നമ്മുടെ ജന്മം കാലം പോലും ഉൾക്കൊള്ളാൻ ബുദ്ധിക്ക് കഴിയില്ല ഏറെക്കുറെ വിസ്മൃതമാണ് അപ്പോൾ സൃഷ്ടിയുടെ ആദ്യം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ആർക്കും സാധ്യം സാധ്യമാണ് എങ്ങനെ ഈ സുഷൃത്തിക്ക് ശേഷമുള്ള കാലം നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതാണ് അതുകൊണ്ടാണ് സൃഷ്ടി അഗ്രെ സൃഷ്ടിക്ക് പറഞ്ഞിട്ടും അതിനെ വിട്ടിട്ട് വീണ്ടും സുഷൃപ്തിയിലേക്ക് വരുന്നു സൃഷ്ടിക്ക് ശേഷം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാലമാണ് സ്വത്ത് ശേഷമുള്ള കാലം അതൊരു ചെറിയ കാലയുള്ളതാണ് ആ കാലത്തിന് മുമ്പ് അവിടെ സന്മാത്രം എന്താണ് ഏകം ഏവ സത്വ മാത്രം രണ്ടാമതൊന്നുമില്ല അത് ചിന്തിച്ച് മനസ്സിലാക്കും ഇവിടത്തെ അജ്ഞാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അദ്വിതീയം ഏകശബ്ദത്തെ വ്യാഖ്യാനിച്ചിട്ട് അദ്വിതീയത്തെ വ്യാഖ്യാനിക്കുന്നു മൃത്വ്യതിരേ ഘടകുലാമൃതിരേ സൗകര്യം ൃദാന്തം എപ്പോഴും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആ സൃഷ്ടിക്കു ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് കാരണം സൃഷ്ടി എന്ന് പറയുന്നത് ഇന്നലെ എന്നിങ്ങനെ പിന്നിലേക്ക് പോകുന്നതാണ് സൃഷ്ടി അതിവിടെ നിന്നും മുന്നിലേക്കും പോകുന്നു ദീർഘമായ കാലം ആ കാലത്തിന് മുമ്പുള്ള കാര്യത്തെ കുറിച്ചാണ് സൃഷ്ടി എന്ന് പറയുന്നത് അതിനൊരുദാഹരണമായിട്ട് മൃത്തിനെടുക്കുന്നു മൃത്തും പാത്രവും പോലെ പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരും എന്താണ് മൃത്തിൽ നിന്ന് പാത്രം ഉണ്ടാകുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴുക്ക് മണ്ണ് കൂട്ടിവെച്ച കണ്ടും തിരിച്ചു വന്നപ്പോൾ പാത്രങ്ങൾ കണ്ടും വന്നുമ്പോ ഇപ്പൊ കാണുന്ന പാത്രങ്ങളെല്ലാം ആ മൃത്ത് തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു പക്ഷെ അയാൾ ഒന്നുകൂടെ കാണുന്നുണ്ടെന്നാണ് അവിടെ അത് ഉണ്ടാക്കുന്ന കുലാലൻ അപ്പണി ചെയ്യുന്ന ആള് അയാളുകൂടെ ഇല്ലാതെ ഇങ്ങനെ മൃത്തങ്ങനെ പാത്രമാകും അവിടെ ഒരുവൻ വേണമല്ലോ ഒരാളുടെ കൂടെ അംഗീകരിക്കണമല്ലോ ഒരാൾ മാത്രമല്ല അങ്ങനെ ചിന്തിച്ചാൽ പലതും അംഗീകരിക്കേണ്ടി ഒരിക്കലും മൃത്ത് സ്വയം പാത്രമാകുന്നില്ല ഈ പറഞ്ഞു വരുന്ന അദ്വിതീയം എന്നങ്ങനെ പറയാൻ പറ്റുമോ ഒന്ന് മാത്രം മൃത്തനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു അദ്വിതീയം അത് പറയാൻ കഴിയത്തില്ല പക്ഷെ സൃഷ്ടിക്ക് മുമ്പ് പറയുമ്പോ എന്താണ് അത് അദ്വിതീയം എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പറയുന്നത് കാര്യകാരണങ്ങൾക്കുള്ള അദ്വിതീയത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അനന്യത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനന്യത്വം എന്ന് പറഞ്ഞാൽ മൃത്തി നിന്നുണ്ടായ ആ പാത്രം മൃത്ത് തന്നെയാണ് അതാണ് അനന്യത്വം അത് ബോധിപ്പിക്കാനാണ് ആ മൃതാഷ്ട അത് സുഷിത്വ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പ്രയാസമാണ് കാരണം സുഷിത്തിൽ നിന്ന് ജാഗ്രതയ്ക്കി വരുമ്പോൾ ഇവിടെ പൂർണ്ണമായ ഭേദമാണ് ഞാൻ വേറെ നീ വേറെ ഇതിനെ സുഹൃത്തിയിലൂടെ അഭേദത്തെ സമൃദ്ധിക്കാൻ കാര്യമില്ല നീ പറയാൻ കഴിഞ്ഞ എന്താണ് സുഷ്ട സുഷൃത്തിയിൽ ഞാനും നീയും ഒന്നായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ജാതകത്തിൽ ഞാനും നീം വേറെ ആയിട്ടായിരിക്കുന്നു അത് യുക്തിയിലൂടെ ബുദ്ധിപ്പെടാൻ പ്രയാസമുള്ള കാര്യമാണ് സൃഷ്ടി ചെന്നപ്പോൾ ഇത്രയും പറയാം എന്താണോ സുഹൃത്തിയിൽ ഇതൊന്നും പറയാം സുഹൃത്തിയിൽ കേവലം ഞാൻ മാത്രമായിരുന്നു പക്ഷെ സുഷ്ടിയിൽ ഞാനും നീയും എന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമാണ് പക്ഷെ മൃദൃഷ്ടാന്തം അങ്ങനെയല്ല അനന്യത്വം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം മൃത്തുണ്ടായ പല സാധനങ്ങൾ പല തരത്തിലുള്ള പാത്രങ്ങൾ പല രൂപത്തിലുള്ള പാത്രങ്ങൾ പല നാമങ്ങളും പല രൂപവും ഉള്ള പാത്രങ്ങളെല്ലാം മൃത്ത് തന്നെ അത് ബോധിക്കുന്നതിന് യുക്തിഭംഗമുണ്ട് വളരെ അനായാസമായി ബോധിക്കും അതുകൊണ്ട് അനന്യത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ആ മൃദ്ദിഷ്ടാന്തങ്ങൾ സൃഷ്ടി ദൃഷ്ടാന്തത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന അദ്വിതീയത്വത്തെ ബോധിപ്പിക്കുക അദ്വിതീയത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ നാമരൂപങ്ങൾ ജാഗ്രത് പ്രപഞ്ചം ഈ ജാഗ്രത് പ്രപഞ്ചം അവിടെ കേവലമായ സത്മാത്രമായിരുന്നു രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ അതാണ് അദ്വിതീയത്വം മൃദാന്തത്തിൽ അദ്വിതീയത്തെ ബോധ്യപ്പെടാൻ പറ്റില്ല എന്തുകൊണ്ട് അത് മൃത്തായിരുന്നപ്പോ തന്നെ അവിടെ കുലാലും ഉണ്ടാക്കുന്നയാളുണ്ടായിരുന്നു അവിടെ പല പ്രവൃത്തികളും നടന്നു മൃത്തിലങ്ങനെ അദ്വിതീയത്വം ബോധ്യപ്പെടും മൃത്തുനിന്നൊരു കാര്യം ഉണ്ടാകുമ്പോ അവിടെ അദ്വിതീയത്വത്തെ ബോധ്യപ്പെടാൻ പ്രയാസമാണ് അനന്യത്വത്തെ ബോധ്യപ്പെടും മൃത്തും കാര്യവും മാത്രം എടുത്തു പക്ഷേ മൃത്തൊരിക്കലും സ്വയം പാത്രമായി മാറുന്നില്ല ഒരാൾ കൂടി വേണം അവിടെ ഒരാളെ കൂടി അംഗീകരിക്കുമ്പോൾ അദ്വിതീയത്വം ബോധ്യപ്പെടാൻ പ്രയാസം മൃത്ത് തനിയല്ലല്ലോ അതായി മാറിയത് അവിടെ വേറൊരാളുണ്ടായിരുന്നല്ലോ എങ്ങനെ അദ്വിതീയം എന്ന് പറയാൻ പറ്റും അപ്പം അത് ബോധിപ്പിക്കാനല്ല ഓരോ ദൃഷ്ടാന്തങ്ങളും ഓരോ കാര്യത്തും ബോധിപ്പിക്കാനാണ് എന്തിനു വേണ്ടി അനന്യത്വത്തെ ബോധിപ്പിക്കാൻ ഇവിടെ കാരണമായി സ്വീകരിച്ചിരിക്കുന്നതും മൃത്ത് കാര്യമായി സ്വീകരിച്ചിരിക്കുന്ന അനന്തമായ പാത്രം രണ്ടും അനന്യമാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ അതിഥിത്വം ബോധ്യപ്പെടുന്നു ആ സുഷക്തിയിൽ നിന്നും ആ അസ്തിത്വത്തിൽ നിന്നാണ് ഈ ജാഗ്രത അനുഭവങ്ങളെല്ലാം ഉണ്ടായത് നാമരൂപാത്മകമായ അനുഭവം ഇതം ബുദ്ധി അഹംബുദ്ധി ഇതെല്ലാം ഉണ്ടായത് നിന്നാണ് പക്ഷെ അവിടെയോ അവിടെ ആ അസ്തിത്വം അല്ലാതെ മറ്റൊന്നും അംഗീകരിക്കേണ്ടി വരുന്നില്ല മൃത്യനോടൊപ്പം കുലാലനെ അംഗീകരിച്ചതുപോലെ ഇതിൻ്റെ സൃഷ്ടികർത്താവായും മറ്റൊരാളും ഒന്നിനെ അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ ചർച്ച ചെയ്തെന്ന് മനസ്സിലായി അജ്ഞാനത്തെയും സ്വീകരിക്കാൻ പറ്റും അജ്ഞാനം ഉൾപ്പെടെയുള്ള ഒന്നിനെയും രണ്ടാമതൊന്നിനെ സ്വീകരിക്കാൻ പറ്റില്ല ഭക്തി കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല പാരമാർത്ഥികമായി ചിന്തിച്ചാലും സ്വീകരിക്കാൻ പറ്റില്ല കേവലമായ സന്മാത്രം അദ്വിതീയം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏകവും അത് അദ്വിതീയവുമായിരുന്നു എന്ന് പറയുന്നു നമ്മുടെ അനുഭവം തന്നെയാണ് എന്താണ് അവിടെ രണ്ടാമതൊന്നും രണ്ടാമതൊന്നിനെ ഞാൻ അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്ന എന്താണോ ഞാനല്ലാതെ രണ്ടാമതൊന്നിനെ അറിഞ്ഞില്ല ആരെയും അറിഞ്ഞില്ല ണർന്നിട്ട് നമ്മൾ പറയാറുണ്ടോ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറയാം ഈ എന്നെ അല്ലാതെ മറ്റൊന്നിനെ അറിഞ്ഞില്ല എന്നെ എങ്ങനെ അറിഞ്ഞു ഞാനവിടെ കേവലം അസ്തിത്വമായി നിലന്നു അതാണ് എന്നെ അറിഞ്ഞു എന്ന് പറയുന്നത് എന്റെ ആ കേവല സദ്ഭാവമല്ലാതെ സന്മാത്രം അതല്ലാതെ മറ്റൊന്നിനെ അറിഞ്ഞില്ല അദ്വിതീയം അതാണ് മൃത് വ്യതിരേഖണ മൃദോ യഥാ അന്യ ഘടാ വ്യാകാരേണ പരിണമായി ഇതൃ കുലാലാദി നിമിത്തം കാരണം കുലാലം പല നിമിത്തങ്ങളും ഉണ്ട് കുലാലം വേണം വേണം ജലം വേണം പല കാര്യങ്ങളും ചക്രം വേണം ദണ്ടു വേണം കാലം അനുകൂലമായി വരണം പലതും തഥ സദ്വ്യതിരേണ അതുപോലിവിടെ സത്തല്ലാതെ തന്റെ അസ്തിത്വമല്ലാതെ സഹ സഹകാരി കാരണം ദ്വിതീയം വസ്തു തരും ആ സ്വത്തിന് സഹകാരിയായി രണ്ടാമത് ഏതെങ്കിലും ഒരു വസ്തു പ്രാപ്തം പ്രതിഷിദ്ധിത എന്തെങ്കിലും ഒന്നിനെ പ്രാപ്തമായ നിഷേധിക്കും സുഹൃത്തേയും സർവത്തെയും നിഷേധിക്കുക ശരിയായി ചിന്തിക്കുന്നവൻ അദ്വിതീയം ഒന്നിനെ അവിടെ സമർത്ഥിക്കാൻ പറ്റില്ല വേദനയെങ്കിലും നിങ്ങൾ സമർത്ഥിക്കാൻ പോയ വ്യക്തി കൊണ്ട് അതേ വ്യക്തി കൊണ്ട് തന്നെ അത് ശേഖരിക്കേണ്ടി വരും അതുകൊണ്ട് അവിടെ അദ്വിതീയമായിരുന്നു നാസ് വസ്തുതരം വിദ്യതീയം ഇതിന് രണ്ടാമതായി മറ്റൊരു വസ്തു ഇല്ല അതുകൊണ്ടാണ് ഇതിനീയം എന്ന് പറയുന്നത് അതേ സൃഷ്ടിക്കുന്ന അതിഥീയുമായിരുന്നു ഈ ജാഗ്രത അത് അദ്ധീയമായിരുന്നു ഏകമായിരുന്നു അല്ല അവിടെ നിന്ന് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏകവും അദ്വീയവുമായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് രണ്ടാമത് എന്തെങ്കിലും ഒന്നുണ്ടെന്ന് അറിയാതിരുന്ന അവസ്ഥ അറിഞ്ഞില്ല എന്ന് പറയും അറിയുന്നില്ല എന്ന് പറയും അപ്പോ അവിടെ അറിവിന് വിഷയമാകേണ്ട വസ്തുവിനെ നിഷേധിക്കാതി എന്ന് അറിയുന്നില്ല എന്ന് പറയുന്നു എനിക്ക് രാമനെ അറിയില്ല എന്ന് പറയും രാമൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറയുമ്പോ എന്താണോ റിവിന്റെ വസ്തുവിനെ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് അറിവിന് വിഷയമായി രാമൻ എന്ന് പറയുന്ന ഒരാളില്ല നിന്നെ സംബന്ധിച്ചുണ്ടായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചില്ല അറിവിന്റെ വിഷയത്തെവിടെ നിഷേധിക്കുന്നു അങ്ങനെ ഓരോ അറിവിന്റെ വിഷയത്തെയും നിഷേധിക്കുക ഞാൻ പറയുന്നു എനിക്ക് രാമനെ അറിയില്ല കൃഷ്ണനെ അറിയില്ല പശുവിനെ അറിയില്ല കുതിര അറിയില്ല അങ്ങനെ നിഷേധിക്കുക എന്തിനെയൊക്കെ നമുക്കറിയാൻ കഴിയുമോ റിയാൻ പറ്റുമോ അതിനെ നിഷേധിക്കാൻ പറ്റും അങ്ങനെ ഏതുവരെ നിഷേധിക്കാൻ പറ്റും അങ്ങനെ നിഷേധിച്ചു പോയാൽ ഒരാളെ നിഷേധിക്കുകയാണ് ഓരോന്നും ഓരോന്നായിട്ടും നിഷേധിക്കുകയാണ് എനിക്കിതറിയില്ല അതറിയില്ല അങ്ങനെ നിഷേധിച്ചു പോയാൽ ഏതുവരെ നിഷേധിക്കാൻ പറ്റും അവസാനം നിഷേധിക്കുന്ന എന്തിനായിരിക്കും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അവസാനം നിഷേധിക്കും നമ്മുടെ അറിവില്ലായ്മയായിരിക്കും അതിനായിരിക്കും നിഷേധിക്കും കാരണം മറ്റുള്ളതെല്ലാം എങ്ങനെയാണോ അറിവിന്റെ വിഷയവുമായി വരുന്നത് അതുപോലെ ഈ അറിവില്ലായ്മ അറിവിന്റെ വിഷയമായി വരും അപ്പൊ അറിവില്ലായ്മയെ നിഷേധിക്കും അറിവില്ലായ്മ ഉൾപ്പെടെയുള്ള സർവത്തെയും നിഷേധിക്കുമ്പോഴേ പറയാൻ പറ്റും എന്താണ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും അല്ല പറയാണ് അറിവില്ലായ്മ ഞാൻ നിഷേധിച്ചില്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും ഞാൻ ഒന്നും അറിഞ്ഞില്ല പക്ഷെ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ പറ്റുന്നില്ല പിന്നെ എന്താ പറയുന്നു ഒന്നും അറിഞ്ഞില്ല പാടെ നിഷേധിക്കുകയാണ് സർവത്തെയും നിഷേധിക്കുകയാണ് ഒന്നിൻ്റെ അസ്തിത്വത്തെ നമുക്ക് സമർത്ഥിക്കാൻ പറ്റുന്നില്ല ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല എന്നാലേ അറിവില്ലായ്മ അംഗീകരിക്കാൻ പറ്റും പറഞ്ഞുള്ള അറിവില്ലായ്മയ്ക്ക് ഒരു വിഷയം വേണം എനിക്ക് പ്രസവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറയുന്നിടത്ത് അറിവില്ലായ്മ കാണും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒന്നും അറിഞ്ഞില്ല പാടെ നിഷേധിക്കും പാടെ നിഷേധിക്കുമ്പോൾ എങ്ങനെയാണോ സർവ്വ വിഷയങ്ങളെ നിഷേധിച്ചത് അതുപോലെ അറിവില്ലായ്മയും നിഷേധിക്കും അങ്ങനെ നിഷേധിക്കാൻ ശേഷിക്കുന്നത് എന്താണ് അദ്വിതീയം അതാണ് വസ്തു പ്രാപ്തം പ്രതിഷിദ്ധിയതെ അദ്വിതീയം ഇതിയും വസ്തുധരം വിദ്യതെ വിദ്യദ്വിതീയം അവിടെ അദ്വിതീയമായിരുന്നു സന്മാത്രമായിരുന്നു കേവലം അന്ഷേദിക്കാൻ വയ്യാത്തുകൊണ്ട് അതിനെ അംഗീകരിക്കേണ്ടി വരുന്നു അവിടെ ഞാൻ മാത്രം എന്റെ അറിവും അറിവില്ലായ്മകളും ഒന്നും അവിടെ ഇല്ല ഇതാണ് അദ്വിതീയത്തിന്റെ പ്രയോജനം അതുകൊണ്ട് ആത്മാവിന്റെ അദ്വിതീയത്വം മൃദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടല്ലോ അത് സൂക്ഷ്മ ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടുന്നു ആത്മാവിന്റെ അനന്യത്വം അത് സുഷൃക്തി ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടാൻ പ്രയാസമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൃഷ്ടാന്തത്തിലൂടെ ബോധ്യപ്പെടുന്നത് അതിനാണ് രണ്ട് ദൃഷ്ടാന്തം അനന്യത്വം ബോധ്യപ്പെടാൻ പ്രയാസമാണ് കാരണം സുഷൃത്തിയിൽ നിന്നു കൊണ്ടന്നു വന്നിട്ട് ഇതെല്ലാം ആ സുപ്തനായ ഞാനാണെന്ന് പറയാൻ പ്രയാസമാണ് കാല കൂടെ തന്നെ വെച്ചും ഭിന്നമായി നോക്കിടുന്നു ഞാനും നീയുമെല്ലാം വേറെ വേറെ അനുഭവപ്പെടുന്നു മൃത്തും പാത്രവും പോലെ അല്ല അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവിടെ അനന്യത്വം സൃഷ്ടി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ പ്രയാസമാണ് അത് അതിലൂടെ മനസ്സിലാക്കും പരമാർത്ഥം അതാണെങ്കിൽ അതുകൊണ്ടിവിടെ പ്രയോഗിച്ചും അവിടെ ആ സൃഷ്ടിക്കു അല്ലെങ്കിൽ ഈ ജാഗ്രതത്തിന് മുമ്പ് സത് ഏവ സത് മാത്രമായിരുന്നു അത് ഏകമാണ് അദ്വിതീയമാണ് ഏവാ തന്നെ അകാര്യത്തിലൊരു സംശയവും വേണ്ട അതാണ് സേതഗതിനോട് പറയുന്നത് തത് ആദ്ധീയമായിരിക്കുന്ന അത് തൊമാസി അല്ലയോ സേതഗ് നീ അതാണ് ഇതല്ല അപ്പൊ നീ ഇതൊന്നുമല്ല അവിടെ നോക്ക് നീ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഇന്ദ്രിയമല്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെന്താണ് സന്മാത്രമാണ് ഇതല്ലാതെ അതിനെ ബോധ്യപ്പെടാൻ വേറെ നമുക്ക് പ്രപഞ്ചത്തിൽ ദൃഷ്ടാന്തവും അതുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത് കാരണം ഇതായിരം തവണ ആവർത്തിച്ചു കഴിഞ്ഞാലും ജാഗ്രതത്തിലെ അനുഭവം അങ്ങനെ ഞാൻ ഇതാണ് ആ കേവലം സന്മാത്രമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അഹംബുദ്ധിയോണ്ടരുന്നു ഞാൻ എന്നുള്ള ബോധം വരുന്നു ഞാൻ എന്നുള്ള ബോധം വന്നു അതോടൊപ്പം തന്നെ ഇതം ബോധം ഇവിടെ പറഞ്ഞതു ഇതം വൃത്തി ഇതം ബോധം ഇതെന്നുള്ള ബോധം വരുന്നു അപ്പൊ ഞാൻ ഇത് അത് രണ്ടും കൂടി കല് വരുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് ഇത് ജാഗ്രതത്തിനോടൊപ്പം ഇത് വരും ഇത് തന്നെ ജാഗ്രത ഇതി വേറിട്ടൊരനുഭവമില്ല ജാഗ്രതനുണ്ടാകത്തുമില്ല അതുകൊണ്ടാണ് ഇതിനെ സുഷുതിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഇതെന്ന് വേറിട്ടൊരു നിലനിൽപ്പാണ് അസ്തിത്വത്തിന്റെ കേവലമായ നിലനിൽപ്പ് അവിടെ എന്താണ് ഈ അഹം ഇതം ബുദ്ധിയുടെ താതാത്മിയോടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അഹം ഇതം ബുദ്ധിയുടെ താതാത്മ്യമാണ് പ്രപഞ്ചാനുഭവം ഈ പ്രപഞ്ചാനുഭവം അവിടെ ഇല്ല അവിടെ കേവലം മായ സന്ത് മാത്രം ഇത് ഈ ജാഗ്ര ഈ ജാഗ്രതയിലൂടെ താതാന്യപ്പെട്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പുറകിലേക്ക് പോയത് സത് ഇനിയ സുഹൃത്തേക്കുറിച്ചുകൂടെ പലതരത്തിൽ പല ദൃഷ്ടാന്തങ്ങളിലൂടെ വിശദീകരിക്കും അതിന്റെ കേന്ദ്ര ബിന്ദു ഈ സുഷൃത്തിയിലെ സത്താണ് ഉണ്മയാണ് അതിനനുസരിച്ചാണ് ഇവിടുത്തെ വരുന്ന ഭാഗങ്ങളിലെല്ലാം പോകും അതുകൊണ്ട് അതിന് തത്തായി ഗ്രഹിക്കണം തത്വമുസീല തത്തായിട്ട് അത് ആ അവസ്ഥ അസുഷാവസ്ഥ അല്ലെങ്കിൽ സൃഷ്ടിക്കുമ്പോഴുള്ള ആ കാരണാവസ്ഥ അതാണ് നീ ഇതല്ല എന്ന് പറയുമ്പോൾ മാത്രമേ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത പക്ഷെ ഇത് അനുഭവത്തിനും യുക്തിക്കും ഒക്കെ നിരക്കുന്ന രീതിയിൽ ഇവിടെ ആചാര്യൻ വിശദീകരിച്ചാലും നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് ബുദ്ധിമുട്ട് വരുന്നതിന് കാര്യം എന്താണ് ഒരു പ്രധാനമായ കാര്യം ഇത് മനസ്സിലാക്കാനും പ്രയാസമുള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസം വരുന്നതുകൊണ്ടാണ് ഇതിനെ മറ്റു തരത്തിൽ ചിന്തിച്ച് ധരിച്ചു പോയതുകൊണ്ടാണ് അതാണ് നമുക്ക് വരുന്ന ഒരു പ്രതിബന്ധം ഗ്രഹണത്തിൽ ഇനി അത് മാറി വല്ല ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണോ ധരിച്ചിരുന്നത് ആ ധാരണകൾ മാറുന്നു എന്നാ ഈ വിഷയം സ്വയം പ്രതിബന്ധത്തെ സൃഷ്ടിക്കപ്പെട്ടാൽ തത്വമസിന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല അത് തത്ത്വബോധത്തെ നൽകുന്ന പക്ഷെ തത്വമസിക്ക് മുമ്പ് ഈ തത്വമസ്യെ മറ്റ് ധരിച്ചിരുന്നു ഇതെല്ലാം പ്രതിബന്ധമായി വരും അപ്പോ ആ പ്രതിബന്ധങ്ങൾ എന്തിനാ അതിനുവേണ്ടിട്ടാണ് ഇനി വരുന്ന ചർച്ചകളെന്താ അതിന് വൈശേഷിക പക്ഷത്തെ ആദ്യം ചർച്ച ചെയ്തത് എന്നു വൈശേഷികരണയും സർവ സിപദ്ധ്യതയും ഇവിടെ ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സദേവ സൗമ്യ ഏകമേവാദിരിയും അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ സുശൃത്തി ഭാഷകാരൻ പറഞ്ഞെങ്കിലും ശ്രീജി തന്നെയുള്ള ദൃഷ്ടാന്തമാണ് പക്ഷേ ആരുടെ അത് തത്തുമസ്ജിയുടെ വ്യാഖ്യാനമാണ് തത്ത് തുടങ്ങി എന്നുള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നെയാണ് പക്ഷെ വിഷയം ചർച്ച ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യം പറയുന്ന അതുപോലെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന നിയമമില്ലല്ലോ ഓരോരുത്തരും അവരവരുടെ സംസ്കാരമനുസരിച്ച് അവനവന്റെ വാസനക്കനുസരിച്ച് മനസ്സിലാവും അങ്ങനെ ഇതിനെ വേറെ തരത്തിൽ മനസ്സിലാക്കി വരികയാണ് വൈശേഷികന്മാരെന്ന് പറയുന്നത് അവര് അവർക്കറിയാം സത്തിനാർക്ക് നിഷേധിക്കാൻ വയ്യ പക്ഷെ ഈ സത്തിന്റെ സ്വരൂപം എന്താണ് ഇവിടെ അദ്വൈതി സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താണ് അദ്വൈതിയുടെ ചിന്ത മുഖ്യമായും സ്വാനുഭവത്തെ സ്വാനുഭവം എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്ന സുഷൃപ്തി എന്ന് പറയുന്ന ഈ മൂന്ന് അനുഭവങ്ങൾ ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തയാണ് തത്വം അദ്വൈതയുടെ ചിന്ത മറ്റ് ദാർശനികന്മാരും ഭൗതികവാദികളും എല്ലാം ചിന്തിക്കുന്ന എന്താണ് ജാഗ്രത ഭൗതിക വിഷയങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ചിന്തയാണ് അതാണ് വൈശേഷികന്മാർ സപ്തപദാർത്ഥങ്ങളായി പ്രപഞ്ചത്തെ വിവേചിച്ചു നൈയായികന്മാര് ഷോഡശ പദാർത്ഥങ്ങളായി വിവേചിച്ചു സംഖ്യന്മാരെ ചതുർവിശിത ഈ തത്വ വിഭജനങ്ങളെല്ലാം മുഖ്യമായിട്ടും ഒരു വിഷയമായി വരുമെങ്കിലും മുഖ്യമായും ജാഗ്രത അനുഭവത്തിന് വിഷയമായിരിക്കുന്ന പദാർത്ഥങ്ങളെ ആശ്രയിച്ചിട്ടാണ് പദാർത്ഥ ചിന്തയാണ് അവരെ സംബന്ധിച്ചത് അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അദ്വൈതം യഥാർത്ഥ ചിന്തയല്ല അത് സ്വ അനുഭവത്തെ ആശ്രയമായിട്ടുള്ള ചിന്തയാണ് ജാഗ്ര സ്വപ്ന സൃഷ്ടിക്ക അനുഭവങ്ങളെ ആശ്രയിച്ചിട്ടുള്ള അതുകൊണ്ടാണ് അതിന് ആത്മനിഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത് ആ അനുഭവമാണ് തന്റെ സ്വരൂപം അതുകൊണ്ട് മറ്റങ്ങനെയല്ല വേദ്യമായ അനുഭവ വിഷയമായ വിഷയനിഷ്ഠമായ ചിന്തയാണ് ബാക്കിയുള്ളവർ വൈശേഷികന്മാരൊന്നെ അവരും സത്തയെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അവര് ധരിച്ചിരിക്കുന്ന എന്താണ് കാരണം അവര് സത്യെ തന്നെ തന്നെ അന്വേഷിക്കുന്നു ബാക്കിയുമായി എന്തുകൊണ്ടത് അവിടെ അനുഭവപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്മ അനുഭവപ്പെടുന്നുണ്ട് അതിന് മുൻതൂക്കം കൊടുത്ത് ചിന്തിക്കുന്നു അതുകൊണ്ട് അവരെന്ന് പറയുന്നു സസാമാനാധികണം ഉപപത്യഹി ദ്രവ്യ ഗുണാദിഷ സ ശബ്ദബുദ്ധി അനുഗ്രദ് അവർ പറയുന്നത് സത്വം എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ഒരു പദാർത്ഥം തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട് അതിനവര് പദാർത്ഥം എന്ന് പറയുന്നത് അത് ദ്രവ്യം ഗുണം കർമ്മം ഈ മൂന്നിന് വിരിക്കുന്ന ഒരു പ്രത്യേക വസ്തുവാണ് അത് ദ്രവ്യത്തിലിരിക്കുന്നതുകൊണ്ടാണ് വസ്തുവുണ്ട് പുസ്തകമുണ്ട് മേശയുണ്ട് എന്നൊക്കെ അറിയുന്നു അത് ദ്രവ്യ ഗുണകർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ദ്രവ്യം എന്ന് പറയുമ്പോൾ പൃഥ്വിധികൾ ഗുണമെന്ന് പറയുമ്പോൾ രൂപരസം സ്പർശാദികൾ ചലനം ചലനമസ്തി എന്ന് പറയുന്നു കർമ്മ അസ്ഥി രൂപമസ്തി കർമ്മ അസ്തിരുമ്പോ കർമ്മത്തിലിരിക്കുന്നു സത്യം രൂപം അസ്തിരുമ്പോൾ രൂപത്തിലിരിക്കുന്നു പൃഥ്വി അസ്തിലിരിക്കുന്നു സർവത്ര സത്യം തലതിരിഞ്ഞുപോയി അവർ ചിന്തിച്ചെടുത്ത് അദ്വീതി എന്താണെന്നാണ് പറയുന്നത് ആ സത്തയിൽ ഈ പദാർത്ഥങ്ങളിരിക്കുന്നു ഇതിന്റെ ആധാര സത്തയാണ് വിശേഷീൻ എന്താണെന്ന് പറയുന്നത് പദാർത്ഥങ്ങളിൽ സത്തയിരിക്കുന്നു രണ്ടും വേണ്ടി വ്യത്യാസമാണ് ദ്രവ്യഗുണകർമ്മങ്ങളിൽ സത്ത അദ്വീതി പറയുന്നത് സത്തയിൽ ദ്രവ്യഗുണകർമ്മങ്ങളല്ല സർവവും വൈശേഷികൾ ദ്രവ്യഗുണകർമ്മം മൂന്നിന് മാത്രമേ സത്യ അംഗീകരിക്കുന്നു സത്തക്ക് നേരിട്ട് ബന്ധം മൂന്നുമായിട്ടേ ഉള്ളൂ അദ്വീതി പറയുന്നത് എന്താണോ ഈ പ്രപഞ്ചം സർവ അനുഭവങ്ങളും സത്തയിൽ സ്ഥിതി ചെയ്യുന്നു ആ സത്ത തന്നെയാണ് ചിത്ത് രണ്ടല്ല അത് ചിത്തായും സത്തായും സർവത്തിനും ആശ്രയമായിരിക്കുന്നു അത് മനസ്സിലാക്കാത്തുള്ളൂ വൈശേഷികളുടെ സർവസ്വുശ് അനുഗ്രഹം സത്കർമ്മ ഇത്യാദി ദർശന ബാഹ്യമായ അനുഭവത്തെ ആത്മനിഷ്ഠമായ ചിന്തയല്ല ബാഹ്യമായ അനുഭവത്തെ ആശ്രയിച്ചവർ പറയും സദ്ദ്രവ്യം സൻഗുണ അനുഭവം ഉണ്ട് ദ്രവ്യ ഗുണാദൃഷ് സശ്ബ്ദബുദ്ധി അനുഭൂർത്തേ സദ്ദ്രവ്യം സൻഗുണിക്കാൻ ദർശനമാണ് സിദ്ധാന്തി പറയുന്നു ശരി നിങ്ങളങ്ങനെ ചിന്തിക്കുന്നു പക്ഷേ സത്യം സത്യം ഇതാനും പ്രാഗുത്പത്തെ നിവേദം കാര്യം सदव आसीभ्युम वैशेषिकुत्पत् कार्य सभ्युमा